തീർച്ചയായും വിശ്വാസികൾക്ക് അല്ലാഹുസുബഹാനഹുവാല വലിയൊരു അനുഗ്രഹം ചൊരിഞ്ഞു അവർക്കിടയിൽ അവരിൽ നിന്നു തന്നെ ഒരു ദൂതനെ നിയോഗിച്ചതിലൂടെ അദ്ദേഹം അവർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓദിക്കേൾപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു അതിനു അവർ വ്യക്തമായ വഴിപിഴവിലായിരുന്നു